दुष्प्रापयति शक्यो वायता असंयता अभ्यास वैराग्याभ्याम वैराग्याभ्यायतम आत्मा अंधकण य ഈ അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് വീണ്ടും വീണ്ടും അഭ്യസിക്കാതെ യോഗം സാധിക്കില്ല നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ടെക്നിക്ക് വല്ലതും എന്ന് ചോദിച്ചാൽ ടെക്നിക്ക് ഒന്നുമില്ല എളുപ്പത്തിലുള്ള മാർഗമൊന്നുമില്ല എളുപ്പത്തിൽ വല്ല മാർഗം ഉണ്ടോ എന്നാണ് ആളുകളെ അന്വേഷിക്കണത് ഒരു പത്ത് ദിവസം ഒരു കോഴ്സ് അതൊക്കെ തയ്യാറാണ് ഒരു നാല് ദിവസം ഇതുകൊണ്ടൊക്കെ സമാധിസ്ഥിതി എന്നൊരു സ്ഥിതി വന്നാൽ ബുദ്ധൻ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നപ്പോ എന്തോ പ്രകാശിച്ചു എന്ന് പറഞ്ഞു അതിനു മുമ്പ് ബുദ്ധൻ എത്ര കണ്ട് പരിശ്രമിച്ചു ആ പരിശ്രമം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല മരത്തിന്റെ ചുവട്ടിൽ വേണമെങ്കിയിരിക്കാം അങ്ങനെയൊന്നും കിട്ടണ ഒരു മാർഗല്ലാതാണ് എങ്ങനെ നേടിയെടുക്കണം പ്രയത്നിക്കാതെ ഒന്നും സാധ്യമല്ല പക്ഷെ ഇവിടെ പ്രയത്നം എന്ന് പറയുന്നത് ലോകത്തിൽ ചെയ്യുന്ന പ്രയത്നം മാതിരി അല്ലാന്ന് മാത്രം ഇവിടെ ശ്രദ്ധാപ്രധാനാണ് ശ്രദ്ധ കൊണ്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വശപ്പെടുത്തി പതുക്കെ പതുക്കെ സംയമനം ശീലിച്ചിട്ടുള്ളവനാണ് യോഗം സാധിക്കുന്നത് അഭ്യാസവും വൈരാഗ്യവും ആര് ദൃഢപ്പെടുത്തുന്നു അതിന് എന്താ വഴി സത്സംഗം നാമജപം ഭക്തി സദ്ഗ്രന്ഥ പാരായണം എല്ലാത്തിനു മഹാപുരുഷ സമ്പർക്കം അത് ഏറ്റവും പ്രബലമാണ് വൈരാഗ്യവും ധ്യാനവും ശാന്തി ഓക്കേ മഹാത്മാക്കളുടെ സംഗമമുണ്ടത്ര എളുപ്പത്തിൽ വരുവോ അത്രേ എളുപ്പത്തിൽ വേറെ ഒരു വഴിക്കും വരില്ല അത് നല്ല എന്താ നല്ല മലയമಾರುതൻ വീശുമ്പോൾ ഒരു വിശരി വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്ന പോലെയാണ് മലയമಾರುതൻ വീശുമ്പോൾ ഉള്ള മരങ്ങൾ ഒക്കെ ചന്ദനമായിട്ട് തീരൂത്രേ അതുപോലെ സത്സംഗത്തിൽ വളരെ എളുപ്പത്തിൽ കാര്യം നടക്കും കുറച്ചു വിരസ സബ്റ്റീവായിട്ട് ഇരിക്കണം അല്ലേ നടക്കില്ല ഇവര് തയ്യാറാണെങ്കിൽ അത് ഏൽക്കാൻ തയ്യാറാണെങ്കിൽ സത്സംഗം അതോടൊപ്പം ജപം ഭക്തി സദ്ഗ്രന്ഥ പാരായണം ഇതെല്ലാത്തിലൂടെയും പരിശ്രമിച്ച ആൾക്ക് അയാൾ തയ്യാറാണെങ്കിൽ ഒരാൾ കുഴിയിൽ വീണു അയാൾ എഴുന്നേറ്റ് വരാൻ തയ്യാറാണെങ്കിൽ അയാൾ സ്വയമേവ കയ്യൊക്കെ കൊടുത്താൽ വരും എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അയാളെ ആളുകൾ വിചാരിച്ചാൽ പൊക്കിക്കൊണ്ട് വരാൻ പറ്റും മറ്റൊരാള് പറയാണ് ഇപ്പൊ കുഴിയാണ്പോ പറ്റിയ സ്ഥലം ഞാൻ ഇവിടെ ഇരുന്നോളാം കുഴി വേണമെങ്കിൽ പൊങ്ങി വരട്ടെ ഞാൻ താണു വരില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടക്ക തന്നെ അല്ലേ അപ്പൊ ഒരാൾ തയ്യാറാണെങ്കിൽ അയാളെ കുഴിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാം ഒരാൾ തയ്യാറെ അല്ലെങ്കിൽ അയാളെ എന്തു ചെയ്യാൻ പറ്റും ഒരാള് ജയിലില് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം ജയിലിൽ കിടന്ന ആളുകളൊക്കെ പലരും നാൽപ്പത് വർഷമൊക്കെ ജയിലിൽ കിടന്നിട്ട് പുറത്തു വിട്ടാൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല പുറത്ത് വീണ്ടും ജയിലിലേക്ക് പോണെന്ന് പറയണം അവർക്ക് സുഖം തോന്നുന്നില്ല നമ്മൾക്ക് തോന്നും അയ്യോ പാവം അവർ ഈ ജയിലിൽ കിടന്ന് വിഷമിക്കണമല്ലോ അവര് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ പോയാലേ പറ്റുള്ളൂ ഈ വെളിച്ചമും ഈ പുറമേക്കുളും താങ്ങാൻ വയ്യ എന്താന്ന് വെച്ചാൽ ആ ദുഃഖം തന്നെ കുറെ പഴകി കഴിയുമ്പോ അവർക്ക് അത് അഡിക്ഷൻ ആയി ഈ ലൗകിക ജീവിതം ജ്ഞാനികളുടെ ജീവിതം സംബന്ധിച്ച ഒരു അഡിക്ഷൻ ആകൊണ്ട് മാത്രമാണ് നമ്മൾ സുഖം എന്ന് പറഞ്ഞോണ്ടിരിക്കുക പല ആളുകളും കാണാം വെറുതെ ചില കാര്യങ്ങൾ കാരണം വിഷമിക്കും എന്നാൽ അത് വിടൂ എന്ന് പറഞ്ഞാ വയ്യ അപ്പൊ അത് സൂക്കടാണേ സൂക്കഡാണ് അത് അതേപോലെയാണ് ഇപ്പൊ ജയിലില് കിടക്കുമ്പോഴും ജയിലും പുറത്തുവിട്ടാ വരില്ല എന്ന് പറഞ്ഞ ഇതൊരു സൂക്കടാണ് അത് വിട്ടിങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ വരാൻ തയ്യാറല്ല ഇന്ദിരൻ ശാപം കൊണ്ട് പന്നിയായിട്ട് തീർന്നു അത്രേ കൊറച്ചു കാലം പന്നിയുടെ ശരീരത്തിരുന്നു കഴിഞ്ഞിട്ട് ഇയാൾക്ക് ശാപവിമോക്ഷം കൊടുക്കാൻ പുറപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു വേണ്ട ഞാൻ ഇവിടെത്തന്നെ ഇരുന്നോളാം നാരദ മഹർഷി വന്ന് പറഞ്ഞു സ്വർഗരാ സ്വർഗമൊക്കെ കാണിച്ചു കൊടുത്ത് ദേവ ദേവേന്ദ്ര അപ്സര സ്ത്രീകളും ഐരാവതവും ഉച്ചൈശ്രവസവും കാണിച്ചു കൊടുത്തിട്ട് ഇന്ദിരൻ പറഞ്ഞു അയ്യേ അതൊക്കെ എന്തിനും കൊള്ളാം എന്റെ ഭാര്യയെ നോക്കൂ ഈ പന്നിക്കുട്ടികളെ നോക്കൂ ആ ഡ്രെയിനേജിൽ കളിക്കണതിന്റെ ഒരു സുഖമുണ്ടല്ലോ അത് അവിടെ വന്നാലൊന്നും കിട്ടില്ല എന്നാണ് അപ്പൊ ഏതിനും മനുഷ്യൻ ആസക്തനായിട്ട് പോകും പല ആളുകളും പണുണ്ടാക്കി സുഖിക്കാനാണെന്ന് പറഞ്ഞ് പണുണ്ടാക്കിയിട്ട് അവരിയ്ക്കുന്ന സ്ഥലമൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ആശ്ചര്യം തോന്നും ഇത്തരൊക്കെ പണമുണ്ടാക്കി ഇവരെന്തിനും ഇങ്ങനത്തെ സ്ഥലത്തിലൊക്കെ ഇരിക്കണം എന്ന് സുഖമായിട്ട് ഇരുന്നൂടെ വിശാലമായിട്ട് കാറ്റും കൊണ്ടു നാട്ടും പുറത്ത് ഇരുന്ന ആളുകളാ അതൊക്കെ പോയിട്ട് എവിടെയോ പോയി ഒരു ചെറിയ റൂമില് നാലുപേര് മാസം ഒരു കോടി രൂപ ശമ്പളം ഇങ്ങനെയൊക്കെ ഇണ്ട് എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഞാൻ ഒരു അറുപത് വയസ്സിന് ശേഷം നാട്ടിൽ പോയി വലിയൊരു ബംഗള കെട്ടും എന്നിട്ട് സുഖമായിട്ടിരിക്കും എന്നാണ് അയാൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ സ്ഥിരമായിട്ട് കൊറേ ഒരു അഞ്ഞൂറ് അറുന്നൂറ് വർഷം ഇരിക്കാൻ പോണം അവിടുന്ന് പണം കൊണ്ടുവന്ന് ഇവിടെ ബംഗളാ കെട്ടും വേറെ ആരോ അതിൽ ജീവിക്കും അയാൾ അവിടെ കിടന്ന് ഇങ്ങനെ മരിച്ചും പോകും കുറെ വിഷമിച്ചു ഇതാണ് കാണുന്നത് ഇതിങ്ങനെയാണ് മായ നമ്മളെ പറ്റിക്കുന്നത് പണിയെടുപ്പിക്കും വിഷമിപ്പിക്കും ദുഃഖിപ്പിക്കും പക്ഷെ നമ്മൾ ആ ദുഃഖമാണെന്ന് അറിയാതെ തന്നെ അതിൽ പറ്റിക്കൂടും അപ്പോ ദുഃഖമാണെന്ന് അറിയണമെങ്കിൽ വിവേകം വേണം ഇനി അതിനു മേലെ മുകളിലേക്ക് പോണ സംയമമാണ് സംയമം എന്താന്ന് വെച്ചാൽ ഓരോ തലത്തിൽ സംയമം എന്ന് വെച്ചാൽ ആ തലത്തിലുള്ളതിനെ നിയന്ത്രണം ചെയ്തു കഴിഞ്ഞാൽ മുകളിലേക്ക് പോണതാണ് സംയമം ഇന്ദ്രിയങ്ങളെ പതുക്കെ പതുക്കെ വേദനയുടെ മാർഗത്തിലൂടെ കൊണ്ടുപോവുക വേദന എന്താന്ന് വെച്ചാൽ അതിന് ഇഷ്ടമുള്ള വിഷയത്തിൽ പോകാതെ അതിനെ പിൻവലിക്കുമ്പോൾ അതിലൊരു താപം ഉണ്ടാവും ആ താപം ഇറ്റ് ക്രിയേറ്റ്സ് എനർജി അതാണ് തപസ് എന്ന് പറയുന്നത് വിഷയങ്ങളിൽ നിന്നും പിന്നോട്ട് വലിക്കുമ്പോ അതിലൊരു താപ്പണ്ടാവും ആഹാരം കൊടുക്കാതാവുമ്പോ ഒരു താപണ്ടാവും കണ്ണിനെ ഇങ്ങനെ വിഷയങ്ങളിലേക്ക് പോകേണ്ടതെന്ന് വലിക്കുമ്പോ ഒരു ഇതൊക്കെ സംയമനാണ് ഈ സംയമനം ചെയ്യുന്നവനാണ് സംയമി അവൻ അനുഭവിക്കുന്ന സുഖം മനസ്സിൻ്റെ നിന്നും ആഴമേറിയ മണ്ഡലത്തിലാണ് അവന്റെ സുഖം സംയമിയുടെ അങ്ങനെ സംയമിയാകാത്ത ആള് യോഗസ്ഥിതിയിലിരിക്കാൻ യോഗ്യനല്ല അസം യോഗ ദുഷ്പ്രാപേതി വശ്യാത്മനാറിച്ച് പതുക്കെ പതുക്കെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ പല സാധനകൾ മൂലം വശപ്പെടുത്തിയിട്ടുള്ളവനാകട്ടെ അവൻ്റെ അഭിമാനത്തിന് അഹങ്കാരത്തിനെ തന്നെ അടക്കാൻ തയ്യാറായിട്ടുള്ളവനാകട്ടെ പതുക്കെ പതുക്കെ എന്തെങ്കിലും മാർഗത്തിൽ യത്നം ചെയ്താൽ ശക്യഅഅഅവാപ്തും നേടാൻ പറ്റും ഒരേ കാര്യം ഒരേ നാമം ജപം ഒരാൾ പെട്ടെന്ന് ജപം കൊണ്ട് ജീവൻ മുക്തനായിട്ട് തീരുന്നു വേറെ ഒരാൾ ജപം ചെയ്തു നോക്കി യോഗാഭ്യാസം ചെയ്തു നോക്കി ശാസ്ത്രങ്ങൾ പഠിച്ചു നോക്കി എന്തൊക്കെയോ സാധിക്കണില്ല എന്താ കാരണം എന്നു വെച്ചാൽ അയാൾ അധികാരിയാണ് മറ്റേൾ അധികാരിയല്ല ഒരാൾ അധികാരി എങ്ങനെയായി ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെയും മനോനിഗ്രഹത്തിലൂടെയും സത്സംഗത്തിലൂടെയും പതുക്കെ അഭ്യസിച്ച് സംയമിയായി തീർന്നത് പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചു അതുകൊണ്ട് സംയമിയായിട്ടുള്ളവന് വളരെ എളുപ്പത്തിൽ സാധിക്കും മറ്റുള്ളവന് സാധിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞപ്പോ അർജുനന് ഒരു സംശയം കുറച്ചു കാലമൊക്കെ സാധനമൊക്കെ ചെയ്തു കുറെ ഒക്കെ യോഗ അഭ്യാസമൊക്കെ ഇന്നോട്ട് പൂർണമായില്ല പൂർണമായും അങ്ങടാ സ്ഥിതിയിൽ എത്തിയില്ല ആ സമയത്ത് അങ്ങോട്ട് മരിച്ചു പോയെങ്കിൽ ഇത്രയും കാലം ചെയ്തതൊക്കെ വേസ്റ്റായി ഇത്രയും കാലം ചെയ്തതൊക്കെ വേസ്റ്റ് ആയി പോയോ അല്ല അവിടെ നിന്ന് അങ്ങോട്ട് മേൽപോട്ട് പോകാൻ പറ്റുമോ ഇതാണ് ചോദ്യം പലർക്കും ഉണ്ടാവുന്ന ചോദ്യാണ് കുറെ ഒക്കെ സാധനമൊക്കെ ചെയ്തു പിന്നെ മരിച്ചു പോയാൽ നമ്മൾ ചെയ്ത സാധനമൊക്കെ പോവോ പിന്നെയും ഒന്നാം ക്ലാസ് മുതൽക്ക് ആദ്യ തുടങ്ങണോ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ പത്ത് പേരെ പഠിച്ചിട്ടുണ്ട് ഈ ജന്മത്തിൽ ഡയറക്റ്റായിട്ട് പ്ലസ് വണ്ണിൽ ചേർക്കണം ചേർക്കില്ല അല്ലേ കഴിഞ്ഞ ജന്മത്തിൽ ഇത്രാം ക്ലാസ് വരെ പഠിച്ചതാണ് ഈ ജന്മം അതുകൊണ്ട് ഇതിനു മേലുള്ള ക്ലാസ് മതി അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ നന്നായിരുന്നു ഇതിപ്പോ നോക്കൂ ജീവിതം മുഴുവൻ പഠിപ്പിന് പോണണ്ട് അല്ലെ പതിനഞ്ച് ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് വരെ എന്തൊക്കെയോ പഠിച്ചിട്ട് പോകണം ജീവിതത്തിന് മുഖ്യമായ കാലം മുഴുവൻ പഠിച്ചു എന്നിട്ട് വലതും അറിവുണ്ടോ ചോദിച്ചാൽ ഒന്നും ഇല്ലാതാരും യാതൊന്നും ചോദിച്ചപ്പോ നമുക്കൊന്നും അറിയില്ല എനിക്കറിയില്ല നിങ്ങളെ കാര്യം എനിക്കറിയില്ല പഠിച്ചത് പലതും ചോയിച്ചു കഴിഞ്ഞാ കണക്ക് കൂട്ടലിനും കഴിക്കലിനും മേലെ കാര്യം കഷ്ടിയാണ് മലയാളം എന്ന് പറഞ്ഞാൽ എഴുതുക വായിക്കാന്നുള്ളതിനു മേലെ വൃത്തം ഒക്കെ ചോദിച്ചുകഴിഞ്ഞ ചതുരാണ് പഠിച്ചതൊക്കെ പോയി ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞതിപ്പോ മനസ്സിലാവില്ല കെമിസ്ട്രി എന്താ പറയുന്നത് ടൈം ഇട്ട് കാണിക്കില്ലേ എന്താ ആ അതൊക്കെ കണ്ടുകഴിഞ്ഞ ഇപ്പോ സയൻസ് ആണോ ചോദിച്ച പിടിയില്ല ഇതൊക്കെ പഠിച്ചതാണ് ഒക്കെ വറന്നുപോയി പക്ഷെ അതൊന്നും ഇനിയിപ്പൊ അടുത്ത ജന്മത്തിലേക്ക് വരായി വെക്കുകയില്ല ഒക്കെ പോയി അല്ലേ അപ്പോ അർജുനന് ഇതേപോലെ ഒരു സംശയം ഈ ജന്മത്തിൽ പലതും ചെയ്തു ചെയ്തിട്ട് അങ്ങോട്ട് പൂർണവുമായില്ലെങ്കിൽ പിന്നെ ആദ്യം തൊട്ട് തുടങ്ങണം അതാണ് അർജുനന്റെ ചോദ്യം നോക്കൂ അർജുനു വാച അയതി ശ്രദ്ധയോപേതാം യോഗാ ചലിതമാനസഹ അപ്രാപ്തി യോഗ സംസിദ്ധിം കാംഗ്ണതി അയതി എന്നുവെച്ചാൽ പെട്ടെന്ന് ഞങ്ങളുടെ യത്നം നിന്നുപോയാള് അയാളുടെ യോഗാഭ്യാസം പകുതിയിൽ വെച്ച് നിന്നുപോയി ചിലപ്പോൾ ഇത് ഒരു ജന്മത്തിൽ തന്നെ വരാം ചിലപ്പോൾ മരിച്ചുപോയ്ക്കാം അയാളുടെ യോഗാഭ്യാസത്തിൽ അയാൾ പതിച്ചു പോയി പല കാരണങ്ങൾ കൊണ്ടാവാം പലരെയും കാണാം നമുക്ക് സത്സംഗത്തിലും ജപത്തിലും ഭക്തിയിലിരുന്ന് പെട്ടെന്ന് കുടുംബത്തിലോ എന്തോ കാരണങ്ങൾ കാരണം പെട്ടുപോയി അത്രയും കാലം ചെയ്ത് ഇതൊക്കെ മറന്ന് അവർക്ക് ന്യായീകരണം ഉണ്ടാവും എന്താന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ എന്റെ തലയിൽ എഴുത്ത് കുടുംബം പ്രാരബ്ധം ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാമായിരുന്നു ഇപ്പൊ ഈ പ്രാരബമൊക്കെ വന്നത് കൊണ്ട് ദുഃഖം പോയി സന്യാസികൾ ചിലരൊക്കെ പറയും ആശ്രമം ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ഒന്നും പറ്റുന്നില്ല എന്തോ ഇതൊക്കെ തന്നെ ഭഗവാന്റെ ആരാധന അങ്ങ് എന്തോ ചെയ്തുകൊണ്ടിരിക്കണോ എന്നാലും സമാധാനമില്ല പഴയപോലെ ജപിക്കാനോ ധ്യാനിക്കാനോ ഒന്നും വയ്യ ചിലരാ ഒരു കറണ്ട് ഗ്രേസ് എടുത്തോണ്ട് പോകുന്ന പേരൊക്കെ ചെയ്യും അതുകഴിഞ്ഞ് വിട്ടും അതാണ് ഭഗവാൻ ചോദിച്ചത് അയ്യത്തി എന്നാൽ ശ്രദ്ധയുണ്ടോ ശ്രദ്ധയൊക്കെ ഉണ്ട് അശ്രദ്ധയല്ല അതിനോട് വെറുപ്പൊന്നുമില്ല അവർക്ക് ചെയ്യാൻ പറ്റണില്ല ശ്രദ്ധയോപേത യോഗാത് ചലിത്തമാനസ അവരുടെ മനസ്സ് യോഗത്തിൽ നിന്ന് ചലിച്ചു പോയി ചിലപ്പോ ഭോഗത്തിലുള്ള വാഞ്ച കാരണം യോഗത്തിൽ നിന്ന് ചലിച്ചു പോകും ഇനിയൊക്കെ മതി ഇനി നമ്മൾ കുറച്ചും കൂടെ ഭോഗിയായിട്ടിരിക്കാം ചിലർ നിശ്ചയിച്ചിട്ട് അങ്ങനെ പോകും ഭാഗവത്തിൽ അങ്ങനെ കഥയൊക്കെ ഉണ്ട് സൗഭരി മഹർഷി വെള്ളത്തിൽ പോയി എങ്ങനെ ഇരുന്നു അവിടെ ഇരുന്ന് തപസൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി കല്യാണം കഴിക്കണം എന്ന് തോന്നി എന്താന്ന് വെച്ചാൽ നാട്ടിൽ പുറത്തെവിടെ ഇരുന്നാലും മനസ്സ് ചഞ്ചലമായിട്ടിരിക്കുന്നു അദ്ദേഹത്തിന് അവിടെ പോയാലും ഒരേ ചാഞ്ചല്യം അതുകൊണ്ട് ഒരു ചാഞ്ചല്യം ഇല്ലാത്ത വെള്ളത്തിന്റെ അടിയിലാണെന്ന് പറഞ്ഞ് വെള്ളത്തിനെയൊക്കെ നിശ്ചലാക്കി അതിന് പോയി ധ്യാനത്തിൽ ഇരുന്നു അപ്പോ ആൺ മത്സ്യം പെൺ കുട്ടി മത്സ്യം വലിയ മത്സ്യം പേരമത്സ്യം ഒക്കെ കൂടെ പോണതുകൊണ്ട് അപ്പൊ ഇയാൾക്ക് തോന്നി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അയാൾ അതേപടി വെള്ളത്തിൽ എഴുന്നേറ്റ് വന്നു മാൻദാതാവിന്റെ രാജധാനിയിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ അമ്പത് പെൺമക്കളുണ്ട് മാൻദാതാവിന് മാൻധാതാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പെൺകുട്ടികളിൽ ആരെങ്കിലും ഒരാളെ കല്യാണം കഴിച്ചു തരൂന്ന് പറഞ്ഞു മഹർഷി രാജാവിന് ഇപ്പൊ ആപട പ്രശ്ന എന്താന്ന് വെച്ച അദ്ദേഹത്തിനെ കണ്ടാൽ താടിയും മീശയൊക്കെ ആയിട്ട് ഈ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് പുറത്തേക്ക് ഒരു ഒരു വേണ്ടേ പൂവ ഷേവ് ചെയ്തിട്ട് വരിക ഒരു പട്ടുവസ്ത്രം എടുത്തിട്ട് വരിക ഒരു കല്യാണം ചോദിക്കാൻ ഒരു ചക്കനായിട്ട് വരണ്ടേ ഇത് ഇങ്ങനെ നടക്കണ പിക്ഷക്കാര് വരുന്ന പോലെ അങ്ങനെ തന്നെ കയറി വന്നിട്ട് രാജാവിൻ്റെ അടുത്തുനിന്ന് ചോദിച്ചപ്പോൾ രാജാവിനാകപ്പാട അറപ്പ് തോന്നി പക്ഷെ മഹർഷിയാണേ സിദ്ധനാണ് ശബീച്ചകളെയും രാജാവ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യം ഒന്ന് ഹാൻഡിൽ ചെയ്യണം എന്താ വേണ്ടത് രാജാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഈ ഇക്കാലത്ത് പെണ്ണുങ്ങളൊന്നും അച്ഛനമ്മമാർ പറഞ്ഞു കേൾക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഞാൻ ഫുള്ള് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കാണ് അവർക്ക് അവരിൽ ആർക്കാണോ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അവരെ നിങ്ങൾ കല്യാണം കഴിച്ചോളാന്ന് രാജാവ് തനിയെ ഒഴിച്ചു വിട്ടു മഹർഷിക്ക് ഇത് അറിയില്ലേ അദ്ദേഹം എത്ര മനസ്സിനെ കണ്ടു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണല്ലേ ഞാൻ കാണിച്ചു അദ്ദേഹം തന്റെ യോഗ ശക്തി കൊണ്ട് അതീവ സുന്ദരനായിട്ട് തീർന്നിട്ട് ആദ്യം തന്നെ അന്തപുരത്തിലേക്ക് ന്യൂസ് പോയി ഇതുപോലെ ഒരാൾ വരുന്നുണ്ട് ആർക്കാ ഇഷ്ടം എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചോളൂ രാജാവ് തന്നെ പറഞ്ഞുവെച്ചു മഹാദാതാവ് പറഞ്ഞു വെച്ചു അതുപോലെ മഹർഷി വരണ്ട് ഞാൻ ആളല്ല എനിക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ സ്ത്രീകൾ ആദ്യമൊക്കെ ഇത്തിരി അറച്ചു നിന്നു പക്ഷെ ഇദ്ദേഹം അങ്ങോട്ട് ഉള്ളില് വരണത് കണ്ടപ്പോ അമ്പത് ബഹളമായി ചേച്ചി മാറി നിൽക്കുക അനിയത്തി മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ കൂടെ ബഹളായി അവസാനം അദ്ദേഹം പറഞ്ഞു പേടിക്കേണ്ട അമ്പത് പേരെയും ഞാൻ കല്യാണം കഴിക്കാം അമ്പത് പേരെയും കല്യാണം കഴിച്ചോണ്ട് പോയി വലിയ വലിയ മാളികകൾ കെട്ടി അമ്പത് ശരീരം അമ്പത് രൂപ ആയിട്ട് മാറി ഇത്ര ഇങ്ങനെയൊക്കെ സാധിക്കുമെന്ന് ചോദിച്ചാൽ കാര്യം പറയും യോഗ മണ്ഡലമാണേ എല്ലാം കഴിഞ്ഞ് ഓരോന്നിലും പപ്പത്ത് കുട്ടികളും ജനിച്ചു അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് ഈ ദക്ഷിണയൊക്കെ കൊടുക്കണ ഇങ്ങനെ ആ മൊത്തത്തിലെല്ലാവരും കൂടെ അവസാനം ഇദ്ദേഹത്തിന് എന്തായി വൈരാഗ്യം വന്നു അയ്യോ എൻ്റെ തപസ്സൊക്കെ പോയല്ലോ ധ്യാനമൊക്കെ പോയല്ലോ എന്റെ യോഗ ഇതൊക്കെ പോയി ബ്രഹ്മ തേജസ് പോയി ബ്രഹ്മവർച്ചസ് പോയി ഈ മത്സ്യത്തിന്റെ ജീവിത കുടുംബമൊക്കെ കണ്ടിട്ട് ഞാൻ എന്റെ എല്ലാം വിട്ടുകളഞ്ഞുവല്ലോ എന്നൊക്കെ പറഞ്ഞു വൈരാഗ്യത്തിൽ വിഷമിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയി പിന്നെ ഇതാണ് യോഗാതി ചലിത യോഗത്തിൽ കുറച്ചു ഇരുന്നു പിന്നെ ചലിച്ചു ജ്ഞാനമല്ലാതെ യോഗമാണ് യോഗം എന്ന് പറഞ്ഞാൽ അതിൽ അഭിമാനമുണ്ട് അജ്ഞാനം എല്ലാം ഉണ്ട് ना थे ना थे ना। ീ പോക്കും വരവുമൊക്കെ ഉണ്ട് അതിനകത്ത് ഭഗവത് തന്നെ ഋഷഭചരിത്രം കൊണ്ട് അവരൊക്കെ കുടുംബത്തിൽ ഇരുന്നതുകൊണ്ടൊന്നും അവരുടെ ജ്ഞാനത്തിനോ യോഗത്തിനോ ഒന്നും ഒരു ചലനവും വന്നില്ല ഒന്നും അവർക്ക് ബാധിച്ചതേ ഇല്ല പക്ഷെ ഈ യോഗ ഭ്രഷ്ടന്മാരെന്ന് പറയുന്നത് ഒരു തലം വരെ പോയി ചോട്ടലേക്കറിയും അപ്പൊ അവർക്ക് വൈരാഗ്യം ചിലരെന്താവും പെട്ടുപോകും ആ ജന്മത്തിൽ കരകയറാൻ പറ്റില്ല കിടന്ന് വലയും വിഷമിക്കും കരയും അതാണ് ഇവിടെ അയതി ശ്രദ്ധയോപേത യോഗാത് ചലിതമാനസഹ അപ്രാപ്യ യോഗ സംസിദ്ധ്യം അയാള് യോഗത്തിൽ പൂർണ്ണതയും നേടിയില്ല അയാളുടെ സ്ഥിതി എന്താവും ഭഗവാനെ കാമഗതി കൃഷ്ണഗ ലോകത്തിലുള്ളവരുടെ ദൃഷ്ടിയിൽ ചിലപ്പോ അയാള് പതിതനായിരിക്കും ലോകത്തിന്റെ ദൃഷ്ടിയിൽ ആളുകൾ പറയും കണ്ടില്ലേ എന്താണോ പറയുന്നത് ഇതിലേക്കൊന്നും പോകാൻ പാടില്ല എന്തായി ചോദിക്കും ലൗകികര് യോഗ ഭ്രഷ്ടനെ കളിയാക്കും ലൗകികരെ യോഗ ഭ്രഷ്ടനെ കണ്ട് നേരെ ചൊവ്വ കുടുംബത്തിലിരുന്നാ പോരെ ഇത് സാധന ഭക്തി എന്നൊക്കെ പറഞ്ഞു പോയി ഇപ്പൊ എന്തായി ചോദിക്കും ഭഗവാൻ പറയണത് അവൻ വീണാലും ശരി പതിച്ചാലും ശരി അവൻ എന്തെങ്കിലുമൊക്കെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ പത്താം ക്ലാസ്സിൽ തോൽക്കണവൻ എന്തായാലും ഒന്നാം ക്ലാസ്സിലുള്ളവനെ മേലെയാണ് അവൻ മേലെ പോയവനെവിടെ തോറ്റാലും എന്തൊക്കെ തന്നെ അയാൾക്ക് പതനം വന്നാലും അയാൾ ചോട്ടിലുള്ള ആളുകളെയൊക്കെ കളും മേലെയുള്ളവനാണ് അവൻ അവിടുന്ന് ഒരു കുഴപ്പവും വരില്ല ലൗകികനായിട്ടുള്ളവൻ വേണമെങ്കിൽ അവനെ കളിയാക്കി പറഞ്ഞാലും ലൗകികൻ ലൗകികൻ തന്നെയാണ് അയാള് പാരമാർത്ഥികത്തിലേക്ക് ലക്ഷ്യം വെച്ചവനാണ് അവൻ ദൗർബല്യം കൊണ്ട് കുറെയൊക്കെ വീണുപോയാലും കുഴപ്പമൊന്നുമില്ല അവൻ പിടിച്ചു പിടിച്ച് പിന്നെയും കയറിക്കോട്ടു യോഗഭ്രഷ്ടന്മാര് പലപ്പോഴും അവരുടെ ഗതി വിചിത്രമാണ് അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കാം ുവാച അത് അർജുനൻ ചോദിക്കണത് കച്ചിന്നോ ഉഭയ വിഭ്രി നശ്യത്തിൽ ചൊല്ലോ നമ്മളെ അപ്രതിഷ്ടോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണ ശേഷം ഇങ്ങനെ യോഗമാർഗത്തിൽ യാത്ര ചെയ്യുന്നവൻ ലൗകികമൊക്കെ അയാളെ വിട്ടുപോയി എന്നിട്ട് യോഗത്തിന് പൂർണ്ണമായില്ല പകുതിയിൽ വെച്ച് വീഴുകയോ നിർത്തുകയോ ഭരിക്കുകയോ ചെയ്തു അയാള് ഉഭയവിഭ്രഷ്ടനാവോ എന്നാണ് എന്നുവെച്ചാൽ ലൗകികവുമില്ല പാരമാർത്ഥിക രണ്ടിനും നടുക്കപ്പെട്ട ചിന്നാബ്രമി വശ്വതി നല്ലവണ്ണം മഴ പെയ്യുമെന്ന് വിചാരിച്ച് മേഘം കൂടി കാറ്റ് വന്ന് കൊണ്ടുപോയി ചിതറിപ്പോയി അതുപോലെ ഇയാള് സാധന ആത്മസാക്ഷാത്കാരം ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറഞ്ഞ് സാധനയൊക്കെ ചെയ്തു നടുവിലൊക്കെ പാളിപ്പോയി കച്ചിന്ന ഉഭയ വിഭ്ര ചിന്നാഭ്രമി വശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപതി അയാള് ഭൂമിക ലബ്ധിയില്ലാതെ എന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാവാതെ സത്യത്തിൽ നിഷ്ഠനാവാതെ ൂഢടനായിട്ട് ആ ബ്രഹ്മജ്ഞാന മാർഗത്തിൽ ബ്രഹ്മവിദ്യ മാർഗത്തിൽ പതിച്ചു പോകുവോ ഭഗവാനെ എനിക്ക് വലിയ സംശയം തോന്നുന്നു ഏതന്മേ സംശയം കൃഷ്ണ ഈ സംശയത്തിന് തീർത്തു തരണം സംശയസ്യ ചേത്താന ഹി ഉപപദ്ധ്യത ഈ സംശയം തീർക്കാൻ അങ്ങല്ലാതെ എനിക്ക് വരെ ആരുമില്ല അങ്ങല്ലാതെ എനിക്ക് ആരും വഴി കാണിച്ചു തരും പറഞ്ഞു തരൂ അയാൾക്ക് എന്താണ് ഗതി എന്നാണ് അർജുനന്റെ ഒരു ചോദ്യം അപ്പോ ആ ചോദ്യത്തിന് യോഗഭ്രഷ്ടനെ കുറിച്ച് ഭഗവാൻ പറയാണ് നോക്കൂ ശ്രീ ഭഗവാഹനമുത്ര വിനാശ വിദ്യത്തെ നി കല്യാണകൃത് കിത് ദുർഗതി ഹേ പാർത്ഥ ഇനി ചോദിക്കുമ്പോ ഭഗവാൻ വളരെ പ്രിയത്തോടു കൂടെ താത്ത വിളിക്കണം താത്ത എന്ന് വെച്ചാൽ അപ്പനെയെന്ന് വിളിക്കാം അച്ഛനെയാണ് താത്താന്ന് വിളിക്കാം ശിഷ്യന്മാരെ താതാന്ന് വിളിക്കും മകനെ താതാന്ന് വിളിക്കും നമ്മുടെ മലയാളത്തിൽ ആ പ്രയോഗം ഉണ്ട് അപ്പനെ വിളിക്കാൻ മുമ്പൊക്കെ ഇപ്പൊന്നും ആ ഭാഷ ഒന്നും തമിഴിലും ഉണ്ട് അപ്പനെ എന്ന് വിളിക്കും അതുപോലെയാണോ ഭഗവാൻ വളരെ പ്രിയത്തോടു കൂടെ അർജുനനോട് പറയാണ് ഹേ ത് അയാള് യോഗമാർഗത്തിൽ കുറച്ചൊക്കെ സഞ്ചരിച്ചിട്ട് പതിച്ചുപോയാലും അയാൾക്ക് ഇവിടെയോ അല്ല അവിടെയോ എന്നുവെച്ചാൽ മരണത്തിന് ശേഷം അവിടെയോ ഒരു വിധത്തിലുള്ള വിനാശമും വരില്ല അയാൾ കുറെ ഒക്കെ തന്നെ അഭ്യാസം ചെയ്തിട്ട് പിന്നെ ലൗകികനായിട്ട് മാറിയാൽ പോലും അയാളെ കുറ്റം പറയുമെന്ന് വേണ്ട അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയൊരു ലക്ഷ്യത്തിൽ നിന്ന് കുറച്ച് പാളിപ്പോയി എന്നുള്ള ഒരു കാര്യം ശരിയാണ് അയാൾക്കൊരു നഷ്ടം തന്നെയാണ് എങ്കിലും നവിനാശ് ഒരു വിധത്തിലും അയാൾ അയ്യോ നീ പാപിയാണ് നീ നശിച്ചു പോയി പറയണ്ട ഒന്നും ഒരു നശല്ല ഹി കല്യാണകൃത് കഷ്യുർഗതി കല്യാണം എന്ന് വെച്ചാൽ മംഗളം എന്നർത്ഥം മംഗളമായ വിഷയത്തിൽ അല്പമെങ്കിലും മുന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവന് ദുർഗതി ഉണ്ടാവില്ല എന്നാണ് ബി സപ്പോർട്ടഡ് ബൈ മെനി പവേഴ്സ് ഇൻ വേൾഡ് അയാളുടെ പുറകെ ധാരാളം പേര് നടക്കും അയാൾ കുറച്ചെങ്കിലും ജപവും തപോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറകെ നിക്കും കുറച്ചെങ്കിലും സത്സംഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറകെ നിൽക്കും ഒരു ചിലപ്പോഴൊക്കെ വളരെ വിചിത്രമായ കഥകളുണ്ട് മഹാപുരുഷന്മാരുടെ സമ്പർക്കം കിട്ടി സത്സംഗം കിട്ടിയിട്ട് ഒട്ടും പ്രയോജനപ്പെടുത്താതെ ജീവിതത്തിൽ ദുരിതപൂർണമായി ജീവിക്കുന്ന ആളുകളുണ്ട് അവരുടെ കാര്യത്തിൽ അവരായിട്ട് സാധനൊന്നും ചെയ്തിട്ടില്ല അവരൊരു സാധനയും ചെയ്തിട്ടുണ്ടാവില്ല അവർക്ക് ആകപാട കിട്ടിയ ഒരു ഭാഗ്യം എന്താന്ന് വെച്ചാൽ മഹാപുരുഷന്മാരെ കാണാനോ കൂടെ നിൽക്കാനോ ഒക്കെ ഭാഗ്യം സിദ്ധിച്ചിട്ടും അതിനെയൊക്കെ ലൗകികമാക്കി മാറ്റി പണ ഉണ്ടാക്കാനും വേറെ പലത്തിലുമായിട്ട് മാറ്റിയൊക്കെ ചെയ്തവരുണ്ട് ക്രിമിനൽസ് ആയിട്ട് മാറിയവർ പോലും ഉണ്ട് അതിനൊക്കെ അറിയാം അങ്ങനെയൊക്കെ ആയിട്ടും ഒരു അംശം അവരിൽ നന്മ നിൽക്കുന്നത് വെച്ചാൽ വാർദ്ധക്യത്തരവും അല്ലാതെ ഒരു ഇത്രയും വലിയൊരു സമ്പർക്കം എനിക്ക് കിട്ടിയല്ലോ മഹാപുരുഷന്മാരെ എന്നിട്ട് പ്രയോജനപ്പെട്ടില്ലല്ലോ ആ വാർദ്ധക്യത് കുറച്ച് ചിലപ്പോൾ ആ വേദന വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടിരിക്കും അവർക്ക് മരണത്തിന് മുമ്പെങ്കിലും പലപ്പോഴും വളരെ ആശ്ചര്യമായി പലരുടെ കഥയിലും മരണത്തിന് മുമ്പ് അവർക്ക് ആ ഗുരുവിന്റെയോ മഹാത്മാക്കളുടെ ദർശനമോ ആ കണ്ടതൊക്കെ ഓർമ്മ വരികയോ എവിടെയെങ്കിലും ഒരു അധ്യാത്മമായ ഒരു ഉണർവോ ഉണ്ടായിട്ടൊക്കെയാണ് മരിക്കണത് എന്നുവെച്ചാൽ അത്ര രണ്ടും ഉപയോഗിക്കാത്തവർക്ക് പോലും അത് പ്രയോജനപ്പെടുന്നുണ്ട് രാമകൃഷ്ണ പരമഹംസരുടെ ഒക്കെ രാമകൃഷ്ണ പരമഹംസർ പലർക്കും വാക്കുതന്നെ കൊടുത്തിട്ടുണ്ട് നീ മരിക്കുമ്പോ ഞാൻ വരും നീ സമാധിസ്ഥിതിയിലിരുന്ന് മരിക്കും ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു എനിക്ക് സാധനമൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഭഗവാന് എനിക്കൊന്നും മനസ്സിലായില്ലോ സാരില്ല നീ മരണ സമയത്ത് അടുത്ത് ഞാൻ വരും സമാധി അനുഭവം മരണസമയത്ത് ഉണ്ടാവും ആ സമാധിസ്ഥിതിയിലിരുന്ന് നീ ശരീരം വിടും ഭയപ്പെടണ്ട അങ്ങനെയൊക്കെ രാമകൃഷ്ണ പരമംസരെ കളിയാക്കിക്കൊണ്ടും മറ്റുമൊക്കെ ഇരുന്ന ഹസ്ര പ്രതാപചന്ദ്ര ഹസ്ര എന്ന് പറയുന്ന ആള് രാമകൃഷ്ണ പരമംസരയുടെ ഒരു സ്വന്തക്കാരനാണ് കുറച്ച് പണുണ്ടാക്കാൻ വേണ്ടി ദക്ഷിണേശ്വരത്തേക്ക് വന്നു കൂടിയ ആളാണ് ജീവിതം മുഴുവൻ തമ ഒരു പോഷ്കനായിട്ടിരുന്ന ആള് ലാസ്റ്റ് ഡേയ്സിൽ അദ്ദേഹത്തിന് ടാക്കൂർ വന്നിരിക്കണം ഭായ വിരിക്കൂ രാമകൃഷ്ണദേവൻ വന്നിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ധ്യാന സ്ഥിതിയിൽ ഇരുന്നു കൊണ്ടൊക്കെ ശരീരം വിട്ടു അപ്പോ സാധകൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ പേരല്ല ഭാവമണ്ഡലത്തിന്റെ പേരാണ് ആര് സാധകൻ ആരെവിടെ സാധന ചെയ്യുന്നു എന്താണ് സാധന എന്നുള്ളത് പോലും വളരെ വിഷമം പിടിച്ച കാര്യമാണ് മനസ്സിലാക്ക ചുരുക്കത്തിൽ അവരിൽ ഈ സന്മാർഗത്തിൽ നടന്ന നടന്നതിൻ്റെ സംസ്കാരം ഒരിക്കലും നഷ്ടപ്പെട്ടു പോല ആ ഒരു ഉറപ്പ് മാത്രം നമ്മൾ ഉള്ളിൽ വെക്കുക ദുർഗതി മരിച്ചുപോയി കഴിയുമ്പോൾ പ്രാപ്യ പുണ്യകൃതാം ലോകാൻ പുണ്യം ചെയ്തവര് അനുഭവിക്കുന്ന സമൃദ്ധമായ മംഗളമായ മണ്ഡലങ്ങളിൽ ലോകങ്ങളിൽ ഇരുന്നിട്ട് ഉഷിത്വ ശാശ്വതീ സമാഹ അനേക വർഷങ്ങൾ അതായത് നമ്മൾക്ക് പലപ്പോഴും ഭോഗവാസന കൊണ്ടൊക്കെ ആണല്ലോ നമ്മള് യോഗമാർഗത്ത് നിന്ന് വഴിതെറ്റിപ്പോണത് ആ ഭോഗവാസനയൊക്കെ തീർക്കാൻ പറ്റിയ പല ലോകങ്ങളിലൊക്കെ ഇരുന്ന് ഇവരുടെ വാസനകളെയൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ലോകം തന്നെ വേണമെന്നൊന്നുമില്ല ഈ ലോകമുണ്ട് എന്നുള്ളത് തന്നെ തെളിവാണ് മനസ്സുകൊണ്ട് ഏത് ലോകം വേണമെങ്കിൽ ഉണ്ടാവാം അപ്പൊ ഭാവനയിൽ നിന്നും നമ്മൾക്ക് നിവൃത്തി ഉണ്ടാക്കാൻ അനേക മണ്ഡലങ്ങളുണ്ടെന്നാണ് ആ മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇയാളെ ശുദ്ധം ചെയ്ത് സ്ഫുടം ചെയ്ത് എടുത്ത് ശുചീനാം ശ്രീമതാം ഗേ യോഗ്രഷ്ഠോപിച്ചായി സാധാരണ ഈ യോഗപ്രഷ്ഠന്മാർ ജനിക്കും എങ്ങനെയാ ജനിക്കുക എന്ന് വെച്ചാൽ നല്ല അതായത് ഈ കുടുംബം വളരെ പ്രധാനമാണ് എന്താന്ന് വെച്ചാൽ പണക്കാരൻ്റെ വീട്ടിൽ ജനിച്ചാൽ ജന്മനോ പണം അയാൾക്ക് ജന്മനോ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അത് അധ്യാത്മികമായ ഒരു കുറവാണ് പല സൗകര്യങ്ങൾക്കും അയാൾ അടിമപ്പെട്ടു പോകും പക്ഷെ ശൗചമുള്ള കുടുംബത്തിൽ ജനിക്കാന്നാണ് ഇപ്പോൾ മത്സ്യമാംസം ഭക്ഷിക്കാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചവന് ജന്മനാ തന്നെ അത് സിദ്ധിയായിട്ട് കിട്ടുകയാണ് മറ്റേത് മത്സ്യമാംസം ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആൾക്ക് ഇനിയിപ്പോ ഒരു സത്സംഗത്തിൽ വന്നിട്ട് ഇതൊക്കെ ഉപേക്ഷിക്കണമെന്ന് തീരുമാനിച്ച അയാൾ ഒരുപാട് പരിശ്രമം ചെയ്തിട്ടാണ് അത് ഉപേക്ഷിക്കുന്നത് ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഒരു അനുകൂല സാഹചര്യം പ്രകൃതി കൊടുക്കുന്നു ചിലർക്ക് ശാസ്ത്രമൊക്കെ ഉള്ള കുടുംബം ശാസ്ത്ര ഉള്ള കുടുംബം ചെറുപ്പം മുതൽക്ക് തന്നെ ഇവർക്ക് ഭക്തിയും ജപവും സാധനയും അമ്പലത്തിൽ പോവലും അല്ലെങ്കിൽ മഹാപുരുഷന്മാരുടെ സമ്പർക്കമുള്ള കുടുംബത്തിൽ പോയി ജനിക്കുകയാണ് ജന്മനാത്തനെ ആ കുട്ടികളിൽ അതിനൊരു വാസനയും കാണുകയും അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിക്കുകയൊക്കെ ചെയ്യുമ്പോ ശുചീനാം ശ്രീമതാം ഗേ ഹെ യോഗ ഭ്രഷ്ടോഭിചായത്തെ എന്നുവച്ചാൽ ഭഗവാൻ എന്തു ചെയ്യണു അടുത്ത ജന്മത്തിൽ എവിടെ നിന്ന് പുറപ്പെടണമെന്നോ അവിടെ അവിടെ കൊണ്ട് എത്തിക്കുകയാണ് ഇവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഏതേത് ദൗർബല്യം കാരണം മുന്നോട്ട് പോകാൻ സാധിച്ചില്ലയോ അതാത് ദൗർബല്യങ്ങളെ നീക്കം ചെയ്യാവുന്ന അനുകൂല സാഹചര്യങ്ങളിൽ കൊണ്ടുപോയി ഇവരെ ഇരുത്തുകയാണ് ആ ജന്മത്തിൽ ചിലപ്പോൾ അവരുടെ വാസന തീർക്കലുണ്ടാവും ചിലപ്പോൾ ചില സാധനങ്ങൾ അവർക്ക് ചെയ്യാൻ സൗകര്യം ചില മാർഗങ്ങളിൽ സഞ്ചരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള സൗകര്യമുള്ളൊരു കുടുംബത്തിൽ പോയി ആ കുഞ്ഞ് ജനിക്കും ഓരോ കുഞ്ഞും ലോകത്തിൽ വരണത് എന്തോ ഉദ്ദേശവും പക്ഷേ ഒരു കുഞ്ഞ് യോഗഭ്രഷ്ടനാണോ എന്ന് അറിയാൻ എല്ലാവരും കൊണ്ട് സാധിക്കില്ല ചിലർക്കറിയാം ചില കുട്ടികൾ ജനിക്കുമ്പോൾ ഇത് യോഗഭ്രഷ്ടന്മാരാണ് യോഗഭ്രഷ്ടന്മാരാണെന്ന് പറഞ്ഞാൽ മഹാത്മാക്കളാണെന്നർത്ഥം യോഗഭ്രഷ്ട എന്ന വാക്കിന് യോഗത്തിൽ വീണവൻ എന്നാണ് അർത്ഥം പക്ഷേ ജനിച്ച കുട്ടി യോഗഭ്രഷ്ടനാണെങ്കിൽ മഹാപുരുഷനാണ് അതാണ് കണക്ക് യോഗഭ്രഷ്ടൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ യോഗത്തിൽ നിന്ന് വീണവൻ ജനിച്ചു എന്നല്ല അർത്ഥം ഒരു കുട്ടിയെ മഹാത്മാക്കൾക്ക് കണ്ടാൽ ചിലർക്ക് യോഗികൾക്ക് അറിയാം ഈ കുട്ടി യോഗഭ്രഷ്ടനാണെന്ന് പറഞ്ഞാൽ അവൻ മഹാപുരുഷനാണെന്ന അർത്ഥം ചിലപ്പോ പെട്ടെന്ന് ഞങ്ങൾ കുറച്ച് വർഷങ്ങൾ ജീവിച്ചിട്ട് താൻ നേടേണ്ടത് നേടിയിട്ട് ശരീരം ഇട്ടിട്ട് പോയി കളയും ചെലപ്പോ ഒരു പ്രാരബദ്ധം ഉണ്ടാവില്ല ശരീരം എങ്ങനെ ജനിച്ചിട്ട് ജീവിച്ച് എന്തോ ഒരു ജീവിച്ച് വിഷമം ജീവിച്ച് വിഷമിച്ചിട്ട് തീർക്കാനേ ഉണ്ടാവുള്ളൂ ജീവിച്ചിട്ട് പോവും നമുക്കൊരു കാരണമൊന്നും അറിയില്ല എന്തിനാ അത് ജനിച്ചതെന്ന് അറിയില്ല ജനിച്ചു അതിനെന്തോ ചിലത് കിട്ടാനുണ്ട് ഈ ജന്മത്തിലെ പൂർവജന്മത്തില ചില പാപമോ ചില പുണ്യമോ തീർക്കാൻ മാത്രം ഉണ്ടാവും തീർത്തിട്ട് ഇട്ടിട്ട് പോകും എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് സയൻസിലൊന്നും ചോദിച്ചിട്ട് ഉത്തരം കിട്ടില്ല യോഗ ഭ്രഷ്ട ജനിച്ചു ഇനിയിപ്പൊ അങ്ങനെയൊന്നും അല്ലാതെ ഇനി ഇതിനേക്കാളും ശ്രേഷ്ഠതരമായ ഒരു ജന്മുണ്ട് ശുചീനാം ശ്രീമതാങ്കഹേ ശ്രീമതാഗെ എന്ന് വെച്ചാൽ പണമുള്ള കുടുംബം എന്നല്ല അർത്ഥം നല്ല ഐശ്വര്യ സമൃദ്ധിയുള്ള കുടുംബം അങ്ങനെയൊക്കെ ജനിക്കുന്നു ഇനിയിപ്പോ അങ്ങനെ അല്ലാതെ എന്ന് പറഞ്ഞു ഭഗവാൻ അഥവാ ഇൻ റെയർ കേസസ് എക്സെപ്ഷണൽ കേസസ് യോഗപ്രഷ്ഠന്മാർ ജനിക്കും യോഗപ്രഷ്ഠന്മാർ വളരെ ഉയർന്ന ശേഷം ഈ എക്സെപ്ഷണൽ ലൈനിൽ വരും അതാണ് അഥവാ ശബ്ദത്തിന് ഇവിടെ ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയാൻ കാരണം അഥവാ എന്ന് പറയുമ്പോ ശ്രീമതാം കുലാത് അസ്മിൻ യോഗിനാമേവ അത് ഇനി പറയാ നോക്ക